ചത്തമൃഗത്തെയും രക്തത്തെയും പന്നിയുടെ മാംസത്തെയും അള്ളാഹുസുബഹാനുഹുവറ്റായാലല്ലാത്തവർക്കായി അറുക്കപ്പെട്ടതിനെയും മാത്രമാണ് അവൻ നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയത് എന്നാൽ ആഗ്രഹത്തോടു കൂടിയോ അതിരുകടന്നോ അല്ലാത്ത അവസ്ഥയിൽ നിർബന്ധിതനായ ഒരാൾക്ക് അതനുവദനീയമാണ് തീർച്ചയായും അള്ളാഹു സുബഹാനുഹുവറ്റായാല ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്